नी सीत स्वामी महावीरा पेगाेश्वरी वास सुस्मा नाम श्री हर अंतिम आदर भक्त लीला तेरी गुरु महाराज श्री പ്രാഷേ ഭഗരോ ലക്ഷണ പുരുഷൻ സോമ്യ ഉദസ്തഗൃതം ആനയേ അപഹി സ്േയം അകാർത് സന്ത ത സത്യാസന്ദത്മാനമ പരശം തതികുണ്ണിഹ്യത്തെ മുച്ച ണിമയു ദം തോതി ഷ്ടേന ജനതൃഭോക്യൂരാജ്ഞാനവൃത്തി ോചാമേതസ്മാാനാഹമേ കഹോരാദീകർമ്മ അഹമത്രം ഫലം ഇഹമുത്രോക്ഷ്യേ ധികൃതോസ്മീതി ആത്മനിഗതോ മൂലമേഗമേവാദീയം തീർത്യേന വക്യന പ്രതിബുദ്ധ്യവർത്ത കിംബനത്രണേന ജനിതം ഫലമാത്മനീടെ ആറാം അധ്യായത്തിൽ പ്രധാനമായും ചർച്ചയിൽ നിന്ന് തത്വമസ്യെ കുറിച്ചാണ് തത്തുമസിയുടെ വിചാരങ്ങളുടെ ആത്മബോധം എന്ന് പറഞ്ഞു അത് വ്യക്തമാക്കുകയാണ് ആത്മബോധം അദ്വൈതാത്മബോധം എന്താണ് അതിന്റെ സവിശേഷത തത്വമസി കുറിച്ച് വിശദമായി ചർച്ച ചെയ്ത് കഴിഞ്ഞു വിശദമാക്കിയല്ല ഇനി ആ ചർച്ചയിൽ നിന്നുണ്ടാകുന്ന ജ്ഞാനത്തെ കുറിച്ചാണ് ഇവിടെ ചിന്തിക്കുന്നത് എന്താണോ ആ ജ്ഞാനം ശ്രവണമനനം നിശ്ചയം വിജ്ഞാനം ഇതിനും കടന്നു വരാം വിപരിയും സംശയം ഇതെല്ലാം കടന്നു വരാം ഭ്രമം വരാം അത് ചർച്ച ചെയ്യുന്നു ചിന്തിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ടായില്ല ജ്ഞാനത്തിനോടൊപ്പം ഭ്രമവും വരാം അതിൽ വരുന്ന ഒരു ഭ്രമമാണ് എന്താണോ ആത്മാവിനെ സംബന്ധിച്ച് വിശേഷമായ ജ്ഞാനമുണ്ടായി സ്വസ്വരൂപത്തെ സംബന്ധിച്ച് ഇതുവരെ ഇല്ലാതിരുന്നൊരു പുതിയ ജ്ഞാനമുണ്ടായി ഇന്ന് സാധനഗതിയിൽ ധരിക്കാം തത്ത്വമസിന്നാണ് പറയുന്നത് ഇത് സത്താണ് തൻ്റെ സ്വരൂപത്തെ സംബന്ധിച്ച് സത്താണെന്നൊരു ജ്ഞാനമുണ്ടായി ആ ജ്ഞാനത്തിൻ്റെ പേര് പറയുന്നു ആത്മജ്ഞാനം ആ ജ്ഞാനം കൊണ്ട് ഞാൻ എന്റെ സ്വരൂപത്തെ സാക്ഷാത്കരിച്ചെന്നൊക്കെ സാറിന് പറയാറുണ്ട് അതിൽ എന്താണ് ദോഷം അതിൻ്റെ ശരിയായ താല്പര്യം എന്താണ് അതാണ് അടുത്ത് ചർച്ച ചെയ്യുന്നത് അജ്ഞാതാർത്ഥ പ്രകാശനം മാനഫലം തസ്യ സ്വപ്രകാശ് ബ്രഹ്മണി നവത്തി വ്യാഖ്യാനത്തിലാണ് സാറിന് ആത്മബോധത്തെ കുറിച്ച് വരുന്ന ഒരു ഭ്രമത്തെ ഇവിടെ നിഷേധിക്കാൻ വേണ്ടി പറയു മാനഫലം പ്രമാണഫലം മുമ്പിൽ പുസ്തകമായിരിക്കും പുസ്തകത്തെ ഞാൻ അറിയുന്നു നേരിട്ട് കണ്ണുകൊണ്ട് കണ്ടറിയുന്നു കണ്ണുകൊണ്ട് കണ്ടറിയുമ്പോൾ എന്നൊരു അറിവുണ്ടാകുന്ന ഇത് പുസ്തകമാണ് ഈ അറിവുന്ന മാനഫലം എന്ന് പറയും മാനം എന്ന് പറഞ്ഞാൽ പ്രമാണഫലം എന്തുകൊണ്ട് എൻ്റെ കണ്ണ് പുസ്തകവുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സ് എൻ്റെ സാന്നിധ്യമുണ്ടായി പുറമെ വെളിച്ചം ഉണ്ടായിരുന്നു ഇതെല്ലാം ഒത്തുചേർന്നപ്പോൾ ഇത് പുസ്തകമാണെന്നുള്ള അറിവുണ്ടായി ഇതാണ് മാനഫലം അവിടെ കണ്ണിന് നമുക്ക് പ്രമാണമായിട്ടെടുക്കാം ചക്ഷുരേന്ദ്രിയം അതിലെന്താണ് ശരിയായ പ്രമാണം അതിലൊക്കെ തർക്കവിതർക്കങ്ങളൊക്കെ ഉണ്ട് എന്നാലും നമുക്ക് സാമാന്യമായ മനസ്സിലാക്കുന്നതിന് വേണ്ടി പറയാം കണ്ണൊരു പ്രമാണമായി അതിൽ നിന്ന് പുസ്തകം എന്നുള്ള അറിവുണ്ടായി ഈ അറിവിനൊരു പ്രത്യേകതയുണ്ട് എന്താണോ അജ്ഞാത അർത്ഥ പ്രകാശനം ഞാനീ പുസ്തകം എന്നുള്ള അറിവ് എനിക്ക് ഉണ്ടാകുന്നത് വരെ ഞാനിതിനെ അറിഞ്ഞില്ലല്ലോ അറിഞ്ഞിട്ട് വീണ്ടും അറിയേണ്ട ആവശ്യമില്ല അത് അജ്ഞാതമായിരുന്നു എന്നെ സംബന്ധിച്ച് ഇത് പുസ്തകമെന്ന് അറിയുന്നത് വരെ അതുകൊണ്ട് അജ്ഞാതമായ അർത്ഥമാണ് അതിനെ പ്രകാശിപ്പിച്ച് ഇതാണ് ജ്ഞാനത്തിൻ്റെ ജോലി സാധാരണഗതി അജ്ഞാതമായ അർത്ഥത്തെ പ്രകാശിപ്പിക്കുക ഭാഷികാരതിനെക്കുറിച്ച് പറയുമ്പോൾ ഇത് വേദവുമായി ബന്ധപ്പെട്ട് പറയും അവിടെ അജ്ഞാതമായ അർത്ഥം എന്ന് പറയുന്നത് യാഗം സ്വർഗം അപൂർവം ഇതൊക്കെ അജ്ഞാതമായ അർത്ഥം അതിനെ പ്രകാശിപ്പിക്കുന്നു പ്രമാണം അവിടെ പ്രമാണമെന്ന് പറയുന്നത് ശബ്ദ പ്രമാണം ശ്രുതിവേദം ഇവിടെ അതിനാണ് പ്രാധാന്യം പ്രത്യക്ഷ പ്രമാണത്തിനുണ്ട് എന്തുകൊണ്ട് തത്വമസിയെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് അത് ശ്രുതിയാണ് വേദമാണ് ഈ തത്വമസി ചെയ്യുന്നത് ഇതുവരെ അജ്ഞാതമായിരിക്കുന്ന എൻ്റെ ആത്മാവിനെ ഈ തത്വമസി വാക്യം പ്രകാശിപ്പിക്കുകയാണ് അല്ലെങ്കിൽ തത്വമസിന്ന് കേട്ട് അല്ലെങ്കിൽ മനനം ചെയ്ത് എന്നുള്ളൊരു അറിവുണ്ടായി ആ അറിവ് എന്റെ സ്വരൂപമായിരിക്കുന്ന ആത്മാവിനെ പ്രകാശിപ്പിക്കുകയാണോ അല്ല എന്നാണ് പറയുന്നത് മറ്റുള്ള എല്ലാ സ്ഥലത്തും അത് ശരിയാ ശ്രുതി യാഗത്തെക്കുറിച്ച് പറഞ്ഞാൽ അത് ശരിയാണ് യാഗത്തെ കുറിച്ച് അറിയില്ലായിരുന്നു ശ്രുതി പറഞ്ഞപ്പോൾ അറിഞ്ഞു യാഗത്തിൽ നിന്നുണ്ടാകുന്ന അദൃഷ്ടം അപൂർവം സംസ്കാരം അതൊന്നും അറിയില്ലായിരുന്നു അവിടെയെല്ലാം അജ്ഞാതാർത്ഥ പ്രകാശനം തന്നെയാണ് മാനഭലം അതുപോലെ തത്തുമസിയിൽ നിന്ന് ഒരറിവുണ്ടായി നമുക്ക് ആ വിളിക്കാം അഹം ബ്രഹ്മാസ്മി അങ്ങനെ വിശേഷ അറിവുണ്ടായി ആ അറിവ് ആത്മാവിനെ പ്രകാശിപ്പിച്ചു ഞാൻ ബ്രഹ്മജ്ഞാനിയായി അങ്ങനെയാണ് ഇവിടെ പറഞ്ഞു വരുന്നതിന്റെ താല്പര്യം അല്ല എന്നാണ് പറയുന്നത് എന്തുകൊണ്ട് സ്വപ്രകാശെ ബ്രഹ്മണിനി ആശയം നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് സ്വപ്രകാശമാണ് ബ്രഹ്മ അത് പ്രകാശമാണ് ഇപ്പോ പ്രമാണഫലമായ ഒരു ജ്ഞാനത്തിന് അതിനെ പ്രകാശിപ്പിക്കാൻ ഒക്കത്തില്ല സ്വയം പ്രകാശമാണ് സൂര്യന്റെ പ്രകാശം അത് സ്വയം പ്രകാശം ആണ് പ്രകാശിപ്പിക്കാൻ വേറൊരു മെഴുകീരി പഠിച്ചതിൻ്റെ ആവശ്യമില്ല എന്നെല്ലാം നമ്മൾ സാറിന് പറയാറുണ്ട് അതുതന്നെയാണ് ഇവിടെയും പറയുന്നതിൻ്റെ താല്പര്യം അത് നമുക്ക് മനസ്സിലാവും പക്ഷെ ബ്രഹ്മത്തെക്കുറിച്ച് പറയുമ്പോൾ വീണ്ടും നമ്മൾ ബ്രഹ്മത്തിനടുക്കപ്പെടും നമ്മൾ പറയും ശരി എനിക്ക് ബ്രഹ്മജ്ഞാനം എന്നെ സംബന്ധിച്ചു പക്ഷെ ഗുരുവിന് ബ്രഹ്മജ്ഞാനമുണ്ടല്ലോ ഗുരു ബ്രഹ്മത്തെ സാക്ഷാത്കരിച്ച ആളാണ് എന്താ സാക്ഷാത്കരിച്ചതെന്ന് ചോദിച്ചാൽ ഗുരുവിനങ്ങനെ ഒരു ആത്മജ്ഞാനം ഉണ്ടായി പ്രകാശിച്ചു അതിൽ ഗുരുവിൻ്റെ ആത്മാവ് പ്രകാശിച്ചു എന്നെല്ലാം പറയും അത് നമ്മൾ ധരിച്ചിരിക്കുന്ന രീതിയിലാണെങ്കിൽ സിദ്ധാസമുണ്ട് ഗുരുവിനും ബ്രഹ്മജ്ഞാനം ഇല്ലെന്നല്ല പറയുന്നത് ആ ബ്രഹ്മജ്ഞാനത്തെക്കുറിച്ച് ഇങ്ങനെയാണോ നമ്മൾ ധരിക്കുന്നതെങ്കിൽ അത് സംബന്ധമാണ് എന്തുകൊണ്ട് സ്വപ്രകാശി ബ്രഹ്മണി നോപ്പത്തി അതിന് വിശദീകരിക്കുന്നു പിന്നെ എന്താണോ ഷഷ്ടി വാക്യപ്രമാണേന തത്വമസി തുടങ്ങിയ വാക്യങ്ങളിലൂടെ ജനിതം ഫലം ഉണ്ടായ ആ ആത്മവിഷയമായിട്ട് ഒരു ജ്ഞാനത്തെ കുറിച്ച് പറയുന്നുണ്ടോ ഇവിടെ പറഞ്ഞു തഥ വിജയിച്ചു അവൻ അറിഞ്ഞു എന്ന് പറയുന്നു അപ്പം അജ്ഞാനം എങ്ങനെ പ്രവർത്തിക്കുന്നു അത് ആത്മാവനെ പ്രകാശിപ്പിക്കുകയാണോ അതാണോ അതിൻ്റെ ജോലി അതുകൊണ്ടാണോ പറയുന്നത് ബ്രഹ്മജ്ഞാനി എന്ന് പറയുന്നത് ആത്മജ്ഞൻ എന്നെല്ലാം പറയുന്നത് കർത്തൃത്വോ ഭക്തൃത്വവും അധികൃതത്വ വിജ്ഞാന നിവൃത്തി തസ്യഫലം അതാണ് അങ്ങനെ ഒരു ജ്ഞാനം ഉണ്ടാകുന്നില്ല എന്നല്ല പറയുന്നു ജ്ഞാനമുണ്ടാകുന്നുണ്ട് പക്ഷെ ആ ജ്ഞാനം പിന്നെ ആത്മാവിനെ പ്രകാശിപ്പിക്കാൻ ആ ജ്ഞാനത്തിലൂടെ ഗുരു ആത്മാവിനെ അറിയുന്നു എന്നൊക്കെ ആലോചിക്കാതെ പറയുന്നതാണ് ആ ജ്ഞാനം കൊണ്ട് എന്താ ഗുരുവും ശിഷ്യനും തമ്മിലെന്താ വ്യത്യാസം ഗുരുവിന് ബ്രഹ്മജ്ഞാനം കൊണ്ട് ശിഷ്യനതില്ല എന്താ ആ ജ്ഞാനം എങ്ങനെ പ്രവർത്തിക്കുന്നു പറയുന്നു കർത്തൃത്വ ഭോക്തൃത്വയോ ഇടും വൈദികമായി കർത്തൃത്വോ ഭൃത്വോ അതിന്റെ നിവൃത്തിയാണത് ചെയ്യുന്നത് കാരണം വാക്യം എന്ന് തന്നെയാണ് ഇയാൾ മനസ്സിലാക്കിയത് ഞാൻ കർത്താവാണ് യാഗാദികളുടെ കർത്താവാണ് അവിടെയാണ് ഈ കർത്തൃത്വം ഭോക്തൃത്വമൊക്കെ വരുന്നത് നമ്മുടെ സാധാരണ ലൗകീയ വ്യവഹാരത്തിലല്ല ഞാൻ കർത്താവാണ് എന്ന സങ്കല്പം അവിടെയുണ്ട് എന്നാലും യാഗം ചെയ്യാൻ പറ്റും ഭോക്താവാണെന്ന് സങ്കല്പമുണ്ട് അത് ശ്രുതിയിൽ നിന്നും അറിഞ്ഞതാണ് അപ്പോൾ ജ്യോതിഷ്ഠം ചെയ്തു കഴിഞ്ഞാൽ മരണശേഷം സ്വർഗാനുഭവം വാ കർത്തൃത്വഭോക്തൃത്വവും തന്നിലുണ്ട് എന്നും ധരിച്ചു വാക്യത്തിൽ നിന്ന് തന്നെ കർമ്മത്തെക്കുറിച്ച് പറയുന്ന വാക്യങ്ങളെന്ന് അത് ശ്രുതിയാണോ അധികൃതത്വ ഞാനിതന്നെ അധികാരിയാണോ എന്നു ധരിച്ചു കർമ്മം ചെയ്യുന്നതിനധികാരിയാണ് വേദ അധ്യയനത്തിന് അധികാരിയാണ് വേദമനത്തിന് അധികാരിയാണ് വേദ താല്പര്യത്തെ നിർണ്ണയിക്കുന്നതിന് അധികാരിയാണ് ഇത്തരം കാര്യങ്ങളെല്ലാം അവൻ്റെ മനസ്സിലുണ്ട് ഇതെല്ലാം ആ വൈദിക പശ്ചാത്തലത്തിലാണ് പറയുന്നത് അദ്വൈതത്തില് മുഖ്യമായിട്ട് ഈ രണ്ടാണ് രണ്ട് തരത്തിലാണ് ചർച്ച ചെയ്യുന്നത് ഭാഷ്യം ഭാഷയത്തെ പിന്തുടർന്നു വരുന്ന ഗുരന്തങ്ങളെല്ലാം ആ പൂർണ്ണമായും ഒരു വൈദിക പശ്ചാത്തലത്തിലാണ് ഇതിന്റെ ചർച്ച മുഴുവൻ പോകുന്നത് അത് വേദവുമായിട്ട് ബന്ധപ്പെടുത്തി മനസ്സിലാക്കില്ലെങ്കിൽ അതിൻ്റെ ശരിയായ താല്പര്യം മനസ്സിലാക്കാൻ കഴിയാതെ കർത്തൃത്വ ഭോക്തൃത്വം എന്ന് പറഞ്ഞാൽ അത് വൈദിക കർമ്മങ്ങളെ സംബന്ധിച്ചാണ് മുഖ്യം എന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ അത് ശരിയായ താല്പര്യം പിടിക്കില്ല ഭാഷകാരൻ ആ വൈദിക പശ്ചാത്തലത്തെ പരമാവധി കുറച്ചേ ഭാഷയത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ളൂ അസുഖം പിന്നീട് വന്നവർ അങ്ങനെയല്ല എന്നിട്ട് ഈ ഭാഷയത്തെ പിന്തുടർന്നു വന്ന വ്യാഖ്യാനങ്ങൾ സുരേശ്വര വാർത്തകത്തിനും മറ്റും വളരെയധികം വേദത്തെ വേദത്തിലെ ന്യായങ്ങള് വൈദിക ന്യായങ്ങള് വേദത്തിലെ യുക്തികൾ എല്ലാം അടിസ്ഥാനപ്പെടുത്തിയാണ് അദ്വൈതത്തെ സമർത്ഥിക്കുന്നത് അതിനെയൊക്കെ സമർത്ഥിച്ചുകൊണ്ടും നിഷേധിച്ചുകൊണ്ടും ഭാഷയത്തിന് വ്യാഖ്യാനം വേണ്ടിയവരെല്ലാം ഭാഷ കാരണക്കാൾ കൂടുതൽ വേദത്തെ ആശ്രയിച്ചിട്ടാണ് അതുകൊണ്ടാണത് മനസ്സിലാകാനും പ്രയാസങ്ങൾ പഞ്ചപാതിക വിവരണം കാർത്തികം ഭതി വചസ്പതി മിശ്രന്റെ ന്യായരക്ഷാ ഭർമ്മിണി അയ്യപ്പ ദീക്ഷിതർ ഇതെല്ലാം പൂർണമായും മീമാംസിലം എന്ന് പറയും അതിലാണ് ചിന്ത മുഴുവൻ വേദത്തിൽ വേദമീമാംസയില് ശരിയായ പരിജ്ഞാനമുള്ളവർക്ക് അത് വളരെ രസകരമായി തോന്നും അല്ലാത്തവർക്കത് മനസ്സിലാകത്തില്ല രണ്ടാമത് പിന്നെ ആശ്രയിക്കുന്നത് തർക്കത്തെ അത് വേറെ കൂട്ടര് അദ്വൈതസിദ്ധി ഖണ്ഡനം ചിസുതി അതിന്റെ വ്യാഖ്യാനങ്ങൾ ഗുരുചന്ദ്രിക അതിന്റെ ഗുരുചന്ദ്രിക ഗോഡബ്രഹ്മാനന്ദീം ഇങ്ങനെയൊക്കെ വരുന്ന കുറേ അധികം വ്യാഖ്യാനങ്ങളുണ്ട് ഇതെല്ലാം തർക്കത്തിന്റെ ഇതിൻ്റെ രണ്ടിൻ്റെയും മൂലസൂറോ ഭാഷ ഭാഷകാരം ഇതിൻ്റെ രണ്ടിനെയും അവലംബിച്ചിട്ടുണ്ട് മറ്റുള്ളവരത് കൂടുതൽ സ്വീകരിച്ചതുകൊണ്ട് വ്യാഖ്യാനം നമ്മൾ ഉദ്ദേശിക്കുന്നതുപോലെ ഇതിനെ ലളിതമാക്കാനല്ല വ്യാഖ്യാനം ഇത് കൂടുതൽ ക്ലിഷ്ഠമാകും അതുകൊണ്ടാണ് ഭാഷ്യ സരളമെന്നും വ്യാഖ്യാനങ്ങൾ കഠിനമെന്നും പറയേണ്ടി വൈദിക സംസ്കാരമുള്ള ഒരാൾ സംബന്ധിച്ച് ഇതിന് ഈ പറയുന്നതിനൊക്കെ ഒരർത്ഥമുള്ളൂ കർത്തൃത്വം ഭോക്തൃത്വം അധികൃതത്വം അങ്ങനെ ഒരു കാഴ്ചപ്പാടില്ലാത്തവന് ഇതൊന്നുമില്ല ഒരു സാറിന്റെ മനുഷ്യനെ സംബന്ധിച്ച് സാറിന്റെ ജീവനെ സംബന്ധിച്ച് അവനെന്താ കർത്തൃത്വം എന്താ ഭോക്തൃത്വം അങ്ങനൊരു വിഷയത്തെക്കുറിച്ച് അവന് ചിന്തിക്കേണ്ട ആവശ്യം തന്നെ വരുന്നില്ല അധികൃതത്വം എന്താ അധികൃതത്വം ഇതെല്ലാം വേദമീമാംസയിലൂടെ ഒരാളുടെ മനസ്സ് കടന്നു വരുന്നതാണ് അത് വേദമീമാംസെന്ന് പറയുമ്പോൾ പൂർവ്വമീമാംസ അതിൻ്റെ ഇങ്ങനെയുള്ള വിജ്ഞാന നിവൃത്തി അതിൻ്റെ നിവൃത്തിയാണ് തസ്യഫലം ഈ വാക്യപ്രമാണ ജനിതമായ ഫലമെന്ന് പറയുന്നത് ജ്ഞാനത്തിന്റെ ഫലം അതാണ് ആരോഗ്യം നിവൃത്തി എന്ന് നമ്മൾ പറയും വിജ്ഞാന നിവൃത്തി എന്ന് പറയുന്നു ഇതിനാണ് സാറിന് മിഥ്യ നിവൃത്തി എന്ന് പറയുന്നു ഇതിനെ തന്നെ മിഥ്യ എന്ന് പറയുന്നത് ഇതാണ് ആത്മാവിൽ വാസ്തവത്തിൽ കർത്തൃത്വം ഭോക്തൃത്വം അധികൃതത്വം തുടങ്ങിയ ധർമ്മങ്ങളൊന്നും തന്നിലില്ല എന്നാലും ഒരുവൻ തന്നെ കുറിച്ച് ഇങ്ങനെയൊക്കെ ധരിക്കുന്നു ഇത് മിഥ്യ ഇതിന്റെ നിവൃത്തി അപ്പം മിഥ്യാ നിവൃത്തി എന്ന് പറയുമ്പോൾ ഈ വിജ്ഞാന നിവൃത്തിയാണ് തസ്യഫലം അതാണ് മുഖ്യമായ മിഥ്യാത്വം പറയുന്നത് ഇതിനെയെല്ലാം നിവർത്തിക്കുന്നതിനൊരു ജ്ഞാനം വേണം ആ ജ്ഞാനത്തിന് സത്യജ്ഞാനം എന്ന് പറയും ഏതൊരു ജ്ഞാനം കൊണ്ടാണോ ഇതെല്ലാം നിവർത്തിക്കുന്നത് ആ ജ്ഞാനത്തിന് സ്വരൂപജ്ഞാനം എന്ന് പറയും അതാണ് തത്വമസി എന്ന് പറഞ്ഞ് സ്വരൂപജ്ഞാനം സത്താണെന്നറിയുമ്പോൾ ആ സത്തിൽ ആരോപിച്ചിരിക്കുന്ന ഇത്തരം വിജ്ഞാനങ്ങളെ നിഷേധിക്കുന്നു ജ്ഞാനം അതിനാണ് സഹായിക്കുന്നത് അതാണ് നമ്മൾ പറയുന്നത് വെളിച്ചം കൊണ്ട് ഇരുള നശിക്കുന്നു കാരണം വെളിച്ചം കൊണ്ട് എന്താണോ അതിന് വിരുദ്ധമായിരിക്കുന്നത് അതിനെ നശിപ്പിക്കാൻ പറ്റും വെളിച്ചത്തിന് മറ്റൊന്നിനെ നശിപ്പിക്കാൻ പറ്റത്തില്ല ഇവിടെ വെളിച്ചം എന്ന് പറയുന്നത് പ്രമാണജനിതമായ ജ്ഞാനം സത്താണ് സദാത്മ ആണ് താൻ സദാത്മാവാണ് എന്നുള്ള ജ്ഞാനം ആ ജ്ഞാനം കൊണ്ട് അതിന് വിപരീതമായിരിക്കുന്ന വിജ്ഞാനമേ നശിക്കുകയെന്ന് നശിക്കത്തിൽ അതിന് വിപരീതമായ വിജ്ഞാനം എന്താണ് കർത്തൃത്വം ഭൂക്തൃത്വം അധികൃതത്വം എന്ന തന്നെ കുറിച്ചുള്ള വിജ്ഞാനം ഞാനത് ചെയ്യാൻ കടപ്പെട്ടവനാണ് ഞാൻ ഇതിൻ്റെ ഫലത്തെ അനുഭവിക്കാൻ കടപ്പെട്ടവനാണ് ഞാൻ ഇത് ചെയ്യുന്നതിന് യോഗ്യനാണ് ഇങ്ങനെ പോകുന്ന ഈ വിജ്ഞാനം ഈ വിജ്ഞാനത്തിന് ചില ഭാഗങ്ങളിൽ അജ്ഞാനം പറയുന്നത് വിജ്ഞാനത്തിൽ തന്നെ പറയാം എന്തുകൊണ്ടാണ് ഇതിന് അജ്ഞാനം എന്ന് പറയുന്നത് കാരണം ഈ വിജ്ഞാനമാണ് ഈ സ്വരൂപജ്ഞാനത്തിനിപ്പോ തടസ്സമായി ആ സ്വരൂപജ്ഞാനത്തെ പ്രകാശിക്കാൻ ഇത് അനുവദിക്കുന്നുണ്ട് ഇത്തരം വിജ്ഞാനങ്ങൾ ഇത് തടസ്സമായി നിൽക്കുകയാണെങ്കിൽ പിന്നെ എങ്ങനെ സ്വരൂപജ്ഞാനം പ്രകാശിക്കും അതിന് ശ്രുതിയുടെ സഹായം വേണം ആചാര്യന്റെ സഹായം വേണം അതുകൊണ്ട് ആ സ്വരൂപജ്ഞാനം പ്രകാശിക്കുമ്പോൾ ഇത് വിജ്ഞാനം നശിക്കും ഇതിന് തന്നെ അതാണ് തത്വമസിയുടെ ഫലം എന്ന് പറയുന്നത് അല്ലാതെ തത്വമസി എന്ന് പറയുമ്പോൾ തൻ്റെ സ്വരൂപത്തെ അറിയുന്ന ഒരു പ്രത്യേക ജ്ഞാനമുണ്ടായി ആ ജ്ഞാനത്തിലൂടെ സ്വരൂപത്തെ അറിയുന്നു എന്നല്ലാർക്കും അങ്ങനെ സംഭവിക്കുന്നില്ല ഈ പറയുന്ന വിജ്ഞാന നിവൃത്തിക്ക് ഉതകുന്ന ഒരു ജ്ഞാനം ഉണ്ടാവുന്നു ആ ജ്ഞാനം കൊണ്ട് ഈ വിജ്ഞാനം നിവർത്തിക്കുന്നു അപ്പൊ ഈ കർത്തൃത്വ ഭോക്തൃത്വ കൃതത്വം എന്ന് പറയുമ്പോൾ ഈ വിജ്ഞാനം തന്നെയാണ് സംശയപരിയ രൂപത്തിലെല്ലാം ഇരിക്കുന്നത് ആത്മാവിനെ സംബന്ധിച്ച് സ്വസ്വരൂപത്തെ സംബന്ധിച്ച് ഇതെല്ലാം നിവർത്തിക്കുന്നു മറിച്ച് ഈ വിജ്ഞാനം ബ്രഹ്മത്തിൽ വിശേഷിച്ചൊന്നും ചെയ്യുന്നുണ്ട് എന്തോ അതാണ് പറഞ്ഞത് സസ്യ സ്വപ്രകാശെ ബ്രഹ്മണിനെ ഒപ്പപ്പെടുത്തി സ്വയം സ്വപ്രകാശമായിരിക്കുകയാണ് അതിൽ വിജ്ഞാനത്തിന് ആ ബ്രഹ്മത്തെ സംബന്ധിച്ച് ഒന്നും ചെയ്യാൻ ഇല്ല ഒന്നും അതിന് സാധ്യമാണ് മറിച്ച് ഈ വിജ്ഞാനത്തെന്ന് പറഞ്ഞു നേതി നേതി ത്വം ശബ്ദവാച്യം അർത്ഥം സ്രോതും മന്ദും അധികൃതം അവിജ്ഞാന വിജ്ഞാനഫലാർത്ഥം എന്താണ് ത്വം എന്ന് പറയുന്നത് ത്വമെന്ന് പറയുന്നിവിടെ ശ്വേതകേതുവിനെയാണ് ശ്വേതകേതു വേദം പഠിച്ചാണ് പൂർണമായ വേദജ്ഞാനവുമായിട്ടാണ് പിതാവിൻ്റെ അടുത്ത് വരുന്നത് എല്ലാ വേദവും പഠിച്ചത് ശീതവേദം ഇപ്പം തന്നെ കുറിച്ച് എന്താ കരുതുന്നത് താൻ വേദത്തിന് അധികാരിയാണ് എന്നുവെച്ചാൽ വേദത്തെക്കുറിച്ച് വേദത്തെ ശ്രമിക്കുന്നതിന് മനനം ചെയ്യുന്നതിന് വേദ താല്പര്യത്തെ നിർണ്ണയിക്കുന്നതിന് ശ്രോതും മന്ദും ചാധികൃതം അതുമാത്രമല്ല എന്താ അതിൻ്റെ പ്രയോജനം അവിജ്ഞാത വിജ്ഞാനം വേദ അധ്യയനം കൊണ്ട് ഇതുവരെ അറിയാതിരുന്ന ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റി ജാഗത്തെക്കുറിച്ച് സ്വർഗത്തെക്കുറിച്ച് ഇതൊക്കെയാണ് കർമ്മത്തെക്കുറിച്ച് ഫലത്തെക്കുറിച്ച് അവിജ്ഞാത വിജ്ഞാനം ഇങ്ങനെ ബലത്തോടു കൂടിയ ശ്രവണം ചെയ്യാനും മനനം ചെയ്യാനും കഴിവുള്ളവൻ അവിജ്ഞാത വിജ്ഞാനത്തെ നേടിയവൻ ഇങ്ങനെയുള്ള ഒരുവനാണ് ഇവിടത്തും എന്ന് പറയുന്നത് ഓ ചെയ്തു തന്നെ കുറിച്ച് അങ്ങനെയാണ് ധരിച്ചിരിക്കുന്നത് താൻ ഇങ്ങനെയുള്ളവനാണോ താൻ കർത്താവാണ് കാരണം താൻ അടുത്ത് രാഗം ചെയ്യാൻ പോകുന്നുണ്ട് ഉൻ ഭോക്താവാണ് ഞാൻ അതിൻ്റെ ഫലങ്ങൾ അനുഭവിക്കും മികവും പരവുമായിട്ടുള്ള ഫലങ്ങൾ അനുഭവിക്കും വേദ അധ്യയനം കൊണ്ട് ഈ ബുദ്ധിയോടുകൂടിയാണ് മടങ്ങി വന്നത് തത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേതുഗേതഗ്രഹിക്കുന്നത് തന്നെ കുറിച്ച് പക്ഷെ തത്വമസി ഉപദേശിച്ചത് അതിനു വേണ്ടിയിട്ടല്ല തത്വമസി പറയുന്നത് എന്താണ് ത്വം നീ എന്നുവെച്ചാൽ ആരാണോ ഇപ്പോൾ അധികാരിയായിരിക്കുന്നത് ശ്രവണം ചെയ്യുന്നതിനും മനനം ചെയ്യുന്നതിനും നിശ്ചയിക്കുന്നതിനും അധികാരിയായിരിക്കുന്നത് കർമ്മം ചെയ്യുന്നതിനും ഫലം അനുഭവിക്കുന്നതിനും അധികാരിയായിരിക്കുന്നത് ആ നീ സത്താണ് നീ എന്നുള്ളതിൽ അംഗീകരിക്കുന്നു പക്ഷെ ഈ വിജ്ഞാനങ്ങളെല്ലാം അവിടെ നിരാകരിക്കുന്നു നീ സത്താണ് നീ സത്താണെന്ന് പറയുമ്പോൾ താൻ സത്താണെന്നുള്ള ബോധം കൊണ്ട് അസത്തായ ഈ വിജ്ഞാനം ഇല്ലാതാകുന്നു പക്ഷെ അങ്ങനെ ഒരു വിജ്ഞാനം ഉണ്ടാകുന്നതിന് മുമ്പോ സ്വീതഗേതുവിനോട് പറയും ഒമ്പത് തവണ പറഞ്ഞു ത്വം തത് അസി സോരോ തവണ ഇത് കേൾക്കുമ്പോഴും ത്വം എന്ന് പറയുമ്പോ സ്വയം സ്വീതഗേതു ഗ്രഹിക്കുന്നാലേ എന്നെ ഞാൻ ഇവിടെ പറഞ്ഞ സ്രോതും അവിജ്ഞാത വിജ്ഞാനവാൻ ഇങ്ങനെ തന്നെ കുറിച്ച് ധരിക്കുന്നു അതുകൊണ്ടാണ് വീണ്ടും ചോദിക്കുന്നത് പക്ഷെ ഓരോ തവണ അത് വിശദീകരിക്കുമ്പോഴും അത് വ്യക്തമായും വ്യക്തമായും വരും അതിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി വീണ്ടും വീണ്ടും ചോദിക്കുന്നു അപ്പം ഇതുവരെ താൻ ഞാൻ ഇതുവരെ ധരിച്ചിരുന്നത് ഞാൻ അധികാരിയാണ് എന്നൊക്കെയാണ് പക്ഷേ ഇത് ആവർത്തിച്ച് ശ്രവണ മനനങ്ങളിലൂടെ മനസ്സിലായി താൻ അങ്ങനെ ഒരു അധികാരിയല്ല എങ്ങനെ മനസ്സിലായി പ്രാക്സ്മാത് വിജ്ഞാന അവസാനം തത് വിജ്ഞ എന്ന് പറയുന്ന ബോധമുണ്ടായി അതിനു മുൻപ് അഹമേവ കരിഷ്യാമി അഗ്നിഹോത്രാദീനി കർമാണി അഹമത്ര അധികൃത ഇതാണ് തരുന്നത് അഹമേവാ കരിഷ്യാമി അഗ്നിഹോത്രാദിനി ഞാൻ തന്നെയാണ് അഗ്നിഹോത്രങ്ങൾ ചെയ്യേണ്ടത് വേദം അതാണല്ലോ പഠിപ്പിച്ചത് ഭക്ഷ്യകാലം പറയുന്നതനുസരിച്ചിത് ഏതഗേതുവിനോട് ബന്ധപ്പെടുത്തി ചിന്തിച്ചാലും ശരിയാവും നമ്മളോട് ബന്ധപ്പെടുത്തി ചിന്തിക്കരുത് കാരണം നമ്മളെ സംബന്ധിച്ച് അങ്ങനെ ഒരു ബോധം ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്താണ് അഹമേവാ കരിഷ്യാമി അഗ്നിഹോത്രാദിനാ അഗ്നിഹോത്രം ചെയ്യും എന്നുള്ള ഒരു ബോധം ഉണ്ടായിട്ടില്ല നമ്മളെ സംബന്ധിച്ച് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെ സംബന്ധിച്ചുള്ള ബോധം ഉണ്ടാവും ആ ബോധത്ത് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ ദൃഢമായ കർത്തൃത്വബോധത്തെ ആശ്രയിച്ചുള്ള കർമ്മങ്ങളല്ല നമ്മുടെ കർമ്മങ്ങൾ നമ്മൾ ഗീതയുടെ ചർച്ച അവിടെ ചർച്ച ചെയ്തിട്ടുണ്ട് സാധാരണ നമ്മുടെ സഹജമായ പ്രവൃത്തികൾക്ക് നമുക്ക് കർത്തൃത്വ ബോധത്തിന്റെ ആവശ്യമുണ്ട് ഭോക്തൃത്വ ബോധത്തിന്റെ ആവശ്യമുണ്ട് അതും നമ്മൾക്ക് ചിന്തിക്കേണ്ട ആവശ്യം വരുന്നുണ്ട് പാകം ചെയ്താൽ അന്നമുണ്ടാവും അന്നം കിട്ടിയാൽ ഭക്ഷിക്കും ഇവിടെ നിന്ന് ഞാൻ കടത്താവാം ഞാൻ ഭോക്താവാണ് ഇങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യം വരുന്നില്ല അപ്രസക്തമായ കാര്യങ്ങളാണ് നമ്മുടെ ലൗകിക വ്യവഹാരവുമായി ബന്ധപ്പെടുത്തി ചിന്തിച്ചാൽ ഇതുവരെ അത് യുക്തിയാഭ്യാസം പോലെ തോന്നും അതുകൊണ്ടത് വൈദികവുമായി ബന്ധപ്പെടുത്തി തന്നെ ചിന്തിക്കും േതഗേതുവിനെ ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ സേതഗേതു ഈ ഒരു അറിവുണ്ടാകുന്നതിനെന്ന് പറയുന്ന എന്താണ് കരിശ്യാമി അഗിഹത്രാദീനി കർമാണി അഹം അത്ര അധികൃത ഞാൻ അധികാരിയാണ് ഗുരുവിടത്തിൽ പോയി വേദം ശരിയായി മനസ്സിലാക്കി മീമാംസാ മടങ്ങി വന്നു ഇനി ഗൃഹസ്ഥ ധർമ്മത്തെ സ്വീകരിക്കുന്നു എത്താൻ അധികാരിയാവും വൈദിക കർമ്മങ്ങൾക്ക് അധികാരിയാവും അത്രയും ഇങ്ങനെ ഇന്നത്തെ ഒരുവന് ചിന്തിക്കാൻ കഴിയുന്നു കഴിയത്തില്ല യേശാം ജ കർമ്മ ഫലം ഇഹ അമുത്രജോ ഭക്ഷ്യ ഈ കർമ്മങ്ങളുടെ എല്ലാം ഫലത്തെ ഇഹ ഇവിടെ അല്ലെങ്കിൽ അമുത്ര പരലോകത്ത് അനുഭവിക്കും ഇഹ മഴയ്ക്ക് വേണ്ടി യാഗം ചെയ്യുന്നു അതിൻ്റെ ഫലം ഇവിടെ അനുഭവിക്കും പുത്രനു വേണ്ടി യാഗം ചെയ്യുന്നു അതിൻ്റെ ഫലം ഇവിടെ അനുഭവിക്കും പശുവിന് വേണ്ടി യാഗം ചെയ്യുന്നു അതിൻ്റെ എല്ലാ ഫലം ഇവിടെ സ്വർഗത്തിന് അമുത്ര പല്ലോ ഭക്ഷ്യതൊക്കെ ചെയ്ത് ചെയ്ത് ചിന്തിക്കുന്നു കൃതേഷ കർമ്മസ് കൃത കർത്തവ്യ ആത്മസംതൃപ്തി നമ്മൾ സാറിനും പറയുന്നു അനു കൃതകർത്തവ്യന്നു പറയുന്നു അങ്ങനെ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നു ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ഒരു കൃതാർത്ഥത ഞാൻ ഇന്ദ്രൻ ഇന്ദ്ര പദവിക്കുള്ള ഒരു കർമ്മം ചെയ്തു കഴിഞ്ഞു അത്തരത്തിലൊരു കൃതാർത്ഥത ജീവിതസഫലമായി മീമാംസകന്റെ കൃതാർത്ഥത പൂർവമീമാംസകൻ ശ്യാം കൃതകർത്തവ്യന്നും കൃത കൃത്യത എന്ന് പറഞ്ഞാൽ ഒന്നാണ് ഇവിടെ എടുത്തു പറയുന്നത് എന്തുവാണ് ഇവിടെ കൃതേഷു കർമ്മ കൃതകർത്തവ്യം കർമ്മം ചെയ്തയിലുള്ള കൃതകർത്തവ്യത് പറയാനെന്താ കാരണം ഈ കൃതകർത്തവ്യത്വം തത്വജ്ഞാനിക്കുമുണ്ട് ആ കൃതകർത്തവ്യത്വം കർമ്മം ചെയ്യാതെ തന്ന കൃതകർത്തവ്യ കൃത കർത്തവ്യത്തിന് കർമ്മം ചെയ്യണമെന്നില്ല ഇത് നമ്മൾ ചർച്ച ചെയ്തത് വ്യാപാരത്ഥാനി സർവസമ്പൃത്തേ അവിടെ അത് സ്വീകരിച്ചാണ് തത്വജ്ഞാനിയുടെ കൃതകർത്തവ്യം കർമ്മിയുടെ കൃതകർത്തവ്യല്ല ചെയ്തതിലുള്ള കർത്തവ്യം അവിടെ കൃതകൃതം ചെയ്യുന്നു ചെയ്യാതിരിക്കുന്നു എന്ന് ഞാൻ ആശ്രയിച്ചിട്ട് നിത്യവും കർത്തൃത്വഭോക്തൃത്വയോരധികൃതോ അസ്മി സ്വയം നിശ്ചയിക്കുന്നു ഞാൻ അധികാരിയാണ് കർത്തൃത്വഭോക്തൃത്വങ്ങൾക്ക് ഞാൻ അധികാരിയാണ് എന്ന് ചെയ്തു കേൾ ചിന്തിച്ചു ഈ ഉപദേശം കിട്ടുന്നതുവരെ വിധി ആത്മനിജ്ഞാനോ ഭൂ അപ്പോ അതായിരുന്നു ആ ജ്ഞാനം അതുകൊണ്ടാണ് പിതാവിന്റെ അടുത്ത് വന്നപ്പോൾ താൻ അറിയേണ്ടതെല്ലാം അറിഞ്ഞു കഴിഞ്ഞു എന്നുള്ളൊരു ബോധം വന്നു കാരണം വേദം മുഴുവൻ അധ്യയനം ചെയ്ത വിചാരം ചെയ്ത ഭൂ അങ്ങനെ ഒരു ബോധമുണ്ടായിരുന്നു തസ് യത് സജ്ജതോ മൂലമേകമേവാധ്യതയും തത്വം വാക്കേന പ്രതിബുദ്ധസ് നിവർത്തതേ അങ്ങനെയുണ്ടായ ആ വിജ്ഞാനം വിജ്ഞാനത്ത് പറയാം ഇതൊരു ലൗകികമായ വിജ്ഞാനം അല്ല വൈദികമായ വിജ്ഞാനം ആ വിജ്ഞാനം യത് വിജ്ഞാനഭൂത്ത് തത് ആ വിജ്ഞാനം ഇത് പറയുന്നത് എന്താണോ മുമ്പ് പറഞ്ഞാൽ കർത്തൃത്വഭോക്തൃത്യ അധികൃതത്വ വിജ്ഞാനി തസ്യഫലം അതിന് വിശദീകരിക്കേണ്ടില്ല അതെന്താണ് ആ വിജ്ഞാനം തസ്യസതോ മൂലം ഏതൊരുവനാണോ ഇങ്ങനെ ഒരു വിജ്ഞാനം ഉണ്ടായിരുന്നത് കർത്തൃത്വഭോക്തൃത്വ വിജ്ഞാനങ്ങൾ അത് വിശേഷം പറയണം ഏതൊരു വൈദികനാണോ ഉണ്ടായത് ഏതൊരു ശേതകേതുവിനാണോ ഉണ്ടായത് അവനെ ബോധിപ്പിക്കുന്നു എന്താണോ സത് ജഗതോ മൂലം ഈ ജഗത്തിന് മൂലമായിരിക്കുന്ന സത്ത് പറഞ്ഞല്ലോ സദേവ സോമീതം എന്ന് പറഞ്ഞു ഏകമേവാദ്യം സത് ത സത് തനോട് ചേർന്നു ആ സത്താണ് തത്ത് അഹം ഞാൻ അധികാരിയാണ് കർത്തൃത്വം ഉപഭോക്തൃത്വം ഉള്ളവനാണ് എന്ന് ധരിച്ചിരുന്ന സേതഗേതുവിനോട് പറയുന്നു ജഗത്മൂലമായ സത് തത് സത് തത്ത് തത്ത് സത് എന്ന സത്തിനെ പരാമർശിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ തത്ത് എന്ന് പറയുന്ന സർവനാമം ഉപയോഗിച്ചിരിക്കുന്നത് തത്ത് എന്ന് വെച്ച സത് ഏതാണോ അത് എന്നുള്ള അർത്ഥം സത്തിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം പറയുന്നു തത്ത് തത്ത് ത്വം അസിടെ ചില എഴുതുമ്പോഴും ഇതിന് തെറ്റ് വരുത്താറുണ്ട് തത്തുമസി ത തുമസിന്ന എഴുതി തത്തെന്ന് എഴുതാറില്ല തുമസി എന്ന് എഴുതുന്ന ശുദ്ധ സംബന്ധമാണ് അങ്ങനെ കാരണം താന്നെഴുതി തത്തെന്നർത്ഥമില്ല താന്ന് വെച്ചാൽ അവിടെ പിന്നെ ഒരർത്ഥമില്ലാതെ പോകുന്നു താന്ന് പറയുന്നത് തത്തെന്ന് പറഞ്ഞാൽ സർവന്ദമാകത്തുള്ളൂ തത്ത് ംസി നമ്മൾ സാധാരണ പറഞ്ഞു പറഞ്ഞാക്കുന്ന എന്താണ് ത ത്വമസിന്റെ തത്ത് ത്വം എന്ന തകാരം കൂടിയ തീരുന്നു അതിന് ആരോവിടെ പറഞ്ഞു കിട്ടിട്ടുണ്ട് അത് മലയാളത്തിൽ അതിൻ്റെ ആവശ്യമില്ല മലയാളത്തിൽ താ തോമസിന്ന് മതി മലയാളത്തിൽ ശരിയാകുന്നു ഇത് മലയാളമല്ല സംസ്കൃതമാണെന്നുള്ള വിവരവും പറഞ്ഞവർക്കില്ല ഇത് മലയാളമല്ല സംസ്കൃതമാണ് മാത്രമല്ല ഇത് വേദവാക്യമാണ് അതിന് നമുക്ക് സാധാരണ ഭാഷയുടെ നിയമങ്ങളൊന്നും കൊണ്ടുവരാൻ പറ്റത്തില്ല അത് സംസ്കൃതത്തിൽ മലയാളത്തിലേക്ക് വന്നു പോയെന്ന് പരിവർത്തനം വന്ന് തത്വം നിറഞ്ഞ തായായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയി ശബ്ദത്തിന് അർത്ഥമില്ലാതായി അങ്ങനെ ചിലടത്ത് സംഭവിക്കാറുണ്ട് ഒരു ഭാഷയിൽ നിന്ന് വേറൊരു ഭാഷയിലേക്ക് വരുമ്പം ഭാഷയ്ക്ക് ഒരുപാന്തരം വന്നു ആ ഭാഷയുടേതായ മാറും തത്വമസിക്ക് അങ്ങനെ മാറാൻ പറ്റത്തില്ല കാരണം മാറിയാൽ അർത്ഥമില്ലാതെ എന്തായാലും തത്ത്വസിന്ന് പറയുമ്പോൾ ഒരു അർത്ഥം വേണമെന്ന് നിർബന്ധമാണല്ലോ തത്ത് തത്ത് എന്ന് പറയുന്നത് തന്നെ സർവനാമ ശബ്ദം പൂർവ പരാമർശം സു പറയുന്നത് രാമ എന്ന് പറയുന്നു അത് കഴിഞ്ഞിട്ട് പറയുന്നത് സീ ം രണ്ടാമെന്ന് പറഞ്ഞസെന്ന് പറഞ്ഞു ആണ് തത് ശബ്ദം രാമഹന്ന് പറഞ്ഞ ജീഷസാ എന്ന് പറയുമ്പോൾ എന്താ ഈസാ എന്ന് പറയുന്ന തത് ശബ്ദം കൊണ്ടും രാമനെ പരാമർശിക്കുന്നു മുമ്പ് പറഞ്ഞല്ലയുന്ന വെറുതെ ഈസതി എന്ന് പറഞ്ഞാൽ ചോദിക്കും ആര് ആരാ ഈസാ അവൻ ഒന്നുമ്പൊരാളെ പറഞ്ഞാൽ രണ്ടാമത് പറയുന്നതിന് അർത്ഥമാണ് ഈസാ ഗച്ഛതി എന്ന് പറഞ്ഞാൽ പിടികിട്ടത്തില്ല ദശരഥ പുത്ര രാമ സി എന്നൊരു വ്യക്തമാ ദശരഥന്റെ പുത്രനാണ് രാമൻ അവൻ പോകുന്നു അപ്പൊ മനസ്സിലാകും ദശരഥന്റെ പുത്രനായ രാമൻ അതുപോലെ ഇവിടെ പല കാര്യങ്ങളും പറഞ്ഞതിന് ശേഷം പറയുന്നു തത്ത് ഇപ്പൊ മുമ്പ് പറഞ്ഞ ഏതോ ഒന്നിനെ സൂചിപ്പിക്കാനാണ് ഈ തത്ത് ആ തത്തിന് നേരിട്ടൊരർത്ഥമില്ല അവിടെ മുമ്പ് എന്തിനെ കുറിച്ചാണ് പറഞ്ഞത് സത്തിനെ കുറിച്ചാണ് സദേവ സൗമ്യ അവിടെ പോലെ ചർച്ച ചെയ്യുന്ന മുഴുവൻ സത്താണ് ആ സത്തിനെങ്ങനെയാണ് ശ്രുതി അവതരിപ്പിക്കുന്നത് ജഗത് കാരണമായി പിന്നെ ജഗത്തിൽ അനുപ്രവേശം ചെയ്തവനായി പിന്നെ അനന്യമായി തത് അനന്യത്വം ഈ യുക്തികളിലൂടെ എല്ലാം പറയും ആ തത്തിൽ നിന്ന് വേറിട്ട് ജഗത്ത് നിൽക്കാത്തതായി ഇങ്ങനെ പല യുക്തികളിലൂടെയും ആ സത്തിനെ കുറിച്ച് പറയും ആ സത്തിനാണ് രണ്ടാമെന്ന് പറയുന്നത് തത്ത് ആ സത്ത് അപ്പോൾ തത്തെന്ന് പറയുമ്പോൾ തത്തെന്നല്ല ഗ്രഹിക്കേണ്ടത് മറിച്ച് സത്തെന്നാണ് അതെല്ലാം വേറെ എന്തിനർശിക്കുന്നുണ്ട് തൊമ്മന്ന് പറയുമ്പോൾ വിശദീകരണം ആവശ്യമില്ല കാരണം നീ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കേൾക്കുന്ന മനസ്സിലാകും ഞാൻ അവിടെ പിന്നെ സംശയത്തിന് ഒരാള് മറ്റൊരാളിനെ അഭിസംബോധന ചെയ്ത് നീ എന്ന് പറയുമ്പോൾ അവിടെ പിന്നെ ചോദ്യത്തിനാവശ്യമുള്ള ഞാൻ തന്നെ ആ ഞാൻ ആരാണ് ഇവിടെ ഇപ്പോൾ ചേത ചെയ്തു ധരിച്ചിരുന്നത് എന്താണോ ഭർത്താവും ഭോക്തരാവും വിജ്ഞാന ഫലത്തോടു കൂടിയവനുമായി താനെന്ന് ധരിച്ചിരുന്നു അവിടെ പ്രശ്നമൊന്നുമില്ല അതിനെ തന്നെയാണ് നമ്മൾ സാറ് ജീവൻ എന്ന് പറയുന്നത് പക്ഷെ തത്തെന്ന് പറയുന്നത് ശരിയായി ധരിച്ചില്ലെങ്കിൽ കുഴപ്പം വരും താന്ന് ധരിച്ചപ്പോൾ അത് ജഗത് കാരണമായിരിക്കുന്ന ആ തത്താണ് ഏതെന്നാണോ ജഗത് പ്രകടമായത് ആ തത്ത് സത്ത് അതിൻ്റെ നേരിട്ടുള്ള പേരാണ് സത്തെന്ന് പറയുന്നത് അതിനെ പരാമർശിക്കാൻ വേണ്ടി സർവനാമം പ്രോണൌൺ എന്ന് പറയുന്നു അതാണ് സത് അതിന് അത്രയ്ക്കുള്ള അതിനെക്കുറിച്ച് പറയുന്നത് എന്താണ് തത് തൊമസി ഈ വാക്യം കൊണ്ട് ഞാൻ ഭർത്താവും ഇരിക്കുന്നവൻ അവിടെ ചെയ്തു ഞാൻ അതല്ല മറിച്ചെന്താണ് സത് എന്താ സത്ത് അത് വേണ്ടത്ര വിശീകരണം കൊടുത്തു കഴിഞ്ഞാൽ ജഗത്കാരണമായിരിക്കുന്നു സത്ത് ഇച്ഛനേന വാക്യേന ഈ വാക്യം കൊണ്ട് പ്രതിബുദ്ധസ്യ ശരിയായ ബോധം പ്രതിബോധം അവന് സംഭവിക്കുന്നു എന്താണ് ശരിയായ ബോധം പറയുന്നത് മുമ്പ് പറഞ്ഞ കർത്തൃത്വ ഭോക്തൃത്വ അധികൃതത്വ വിജ്ഞാനം അത് ശരിയായ ബോധമല്ല പിന്നെ ശരിയായ ബോധം എന്താണ് സത്ത് സത്താണ് രണ്ടും തമ്മിലെന്താ വ്യത്യാസം സത്തെന്നുള്ള ബോധം ഈ പറയുന്ന ബോധത്തെ നിഷേധിക്കുന്നു ഇതൊന്നുമല്ല കേവലമായ സത്താണോ ഇതിനെയൊക്കെ നിഷേധിച്ചാൽ നീതി നേതി എന്ത് നിഷേധിച്ചാൽ ശേഷിക്കുന്ന എന്താണോ അത് സത്ത് അക്കാര്യത്തിൽ പിന്നീട് സംശയങ്ങളൊന്നും വരാൻ പാടില്ല പ്രതിബുദ്ധസ് നിവർത്തതേ യത് വിജ്ഞാനം തത് നിവർത്തതേ എന്നാ അതുവരെ ഏതൊരു വിജ്ഞാനം ഉണ്ടായിരുന്നത് അത് നിവർത്തിക്കുന്നു ഇല്ലാതാകുന്നു ആ വിജ്ഞാനത്തെയാണ് നമ്മൾ പറയുന്നത് മിഥ്യാജ്ഞാനം നിപചയം ഭ്രാന്തി ഭ്രമം എന്ന് പറയുന്നത് ഈ ജഗത്തിന് എന്തുകൊണ്ടാണ് മിഥ്യ ഭ്രാന്തി എന്നെല്ലാം പറയുന്നത് ഈ വിജ്ഞാനത്തിലൂടെ ജഗത്തിന് അനുഭവിക്കുന്നുണ്ട് ജഗത്തിന് അനുഭവിക്കുകയെന്ന് വെച്ചാൽ ഈ ശരീരത്തെ ഈ മനസ്സിന് ഈ കർമ്മങ്ങൾ ബാഹ്യമായ ശബ്ദസ്പർശരും രസഗന്ധങ്ങളെയെല്ലാം ഈ വിജ്ഞാനത്തിലൂടെ അനുഭവിക്കുന്നു എങ്ങനെ കർത്തൃത്വഭോക്തൃത്വ അധികൃതത്വ വിജ്ഞാനത്തിലൂടെ അങ്ങനെ അനുഭവിക്കുന്നതുകൊണ്ടാണ് ജഗത്തിനെ പറയുന്നത് ഇത് മിഥ്യയാണ് എന്ന് പറയുന്നത് ആ മിഥ്യ അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ പ്രതിബുദ്ധസിയാണ് ശരിയായ ജ്ഞാനം വന്നു സത്തുമസി എന്നുള്ള ജ്ഞാനത്തിലൂടെയാണ് ഒരാൾ ശരീരം മനസ്സ് ഇന്ദ്രിയങ്ങൾ ഉൾപ്പെടെയുള്ള ഈ പ്രപഞ്ചത്തെ അനുഭവിക്കുന്ന എന്തായി പ്രപഞ്ചം ആ സത്യന്താൻ ഇതാണ് ഇത് മിഥ്യയെന്നും ഇത് സത്യമെന്നും പറയുന്നതിൻ്റെ താൽപ്പര്യം നിവർത്തതേ ഇവിടെ എന്താ നിവർത്തിക്കുന്നത് വിജ്ഞാനമാണ് നിവർത്തിക്കുന്നത് മിഥ്യാജ്ഞാനമാണ് ഇവിടെ നിവർത്തിക്കുന്നത് അല്ല നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ നിന്നൊന്നും പറന്നും പോകുന്നുണ്ട് അങ്ങനെ പറന്നു പോകുന്നു എന്നാരെങ്കിലും അവകാശപ്പെടുന്നുണ്ടെങ്കിലും അത് ശുദ്ധ അസംബന്ധം പറ്റിക്കാൻ പറയുന്ന ആൾക്കാർ തത്വജ്ഞാനം കൊണ്ട് വിജ്ഞാനം നിവർത്തി അല്ലാതെ മറ്റൊന്നും സംഭവിക്കത്തില്ല അതാണ് ഭാഷകാലം പറയുന്നതിന്റെ തപ്പി പ്രത്യേകിച്ച തത്വം ഞാൻ എനിക്കൊരു കൊമ്പൊന്നും മുളയ്ക്കത്തില്ല പറയണ എനിക്കൊരു പ്രത്യേക കൊമ്പുണ്ട് എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ അല്ല ഇതൊക്കെ ഇനി പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതെല്ലാം പറന്ന് പോകണമെന്ന് ആഗ്രഹം ഉറങ്ങുക അത് നടക്കും അല്ലെങ്കിൽ സമാധി പരിശീലിക്കുക അവിടെയും നടക്കും അല്ലെങ്കിൽ ചാകണം ഭാഷകാരൻ പറഞ്ഞ അനുസരിച്ച് സത്സമ്പത്തി അവിടെയും സംഭവിക്കും അല്ലെങ്കിൽ തലയ്ക്ക് നല്ല അടി കിട്ടണം മൂർച്ച സംഭവിക്കുന്നു ഇതൊന്നും അല്ലാതെ ഇത് പറന്നു പോകത്തില്ല തത്വജ്ഞാനം കൊണ്ട് പറന്നുപോകുന്ന സാധനങ്ങൾ അതാണ് വിജ്ഞാന നിവൃത്തി ഹി തസ്യഫലം ഇവിടെ ചിന്തിക്കുന്നത് ആ തത്വമസി അതിൽ നിന്നുള്ള ജ്ഞാനം ആ ജ്ഞാനത്തിന്റെ സ്വരൂപം ആ ജ്ഞാനത്തിന്റെ ഫലം ആ ഞാനെങ്ങനെ പ്രവർത്തിക്കുന്നു എങ്ങനെ സേതുഗേതുവിനെ മുക്തനാക്കുന്നു ഈ കാര്യമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ടത് നിവർത്തിക്കുന്നു നേരത്തെ പറഞ്ഞു വെളിച്ചം കൊണ്ടുവന്ന ഒന്ന് മാത്രം ഇരള് മാത്രം വേറെ എന്തെങ്കിലും സൂര്യൻ്റെ ഉദിച്ചം എന്ന് പറഞ്ഞ് ഭൂമി പറന്നുപോകും ഇവിടെ ഉണ്ടായാലും ഇരുൾ പോയി മറ്റൊന്നും പോകത്തില്ല എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് വിരോധം അതിനോടേ ഉള്ളൂ വെളിച്ചത്തിന് വിരോധം ഇരുളിനോടേ ഉള്ളൂ മറ്റൊന്നിനോടും ഇല്ല അതുമാത്രമല്ല വെളിച്ചം ത്തിൻ്റെ ജോലി മറ്റുള്ളതിനെയൊക്കെ പ്രകാശിപ്പിക്കുകയാണ് ഒന്നിനെ നശിപ്പിക്കുകയല്ല നാമരൂപങ്ങളെയൊക്കെ പ്രകാശിപ്പിക്കുകയല്ല ജോലി അല്ല നാമരൂപങ്ങളെ നശിപ്പിക്കുകയല്ല പഠിച്ചത്തിൻ്റെ ജോലി ഇവിടെ അത് തന്നെയാണ് എന്താണ് വിരോധ ജ്ഞാനത്തിന് വിരോധമുള്ള എന്താണോ ഈ വിജ്ഞാനത്തിനോടാണ് കർത്തൃക്തൃത്വ വിജ്ഞാനത്തോടാണ് ജ്ഞാനത്തിന് വിരോധമുള്ളത് അല്ലേ ചേതഗീത തന്നെ കുറിച്ച് ധരിച്ച് ഞാൻ അധികാരിയാണ് ഭർത്താവും ഭൂക്താവുമാണ് എന്നൊക്കെ ധരിച്ച് ഈ വിജ്ഞാനം ഈ വിജ്ഞാനത്തിന് വിരുദ്ധമായിട്ട് പറഞ്ഞു നിസത്താണ് എന്താ സത്ത് സത്തെന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലാക്കും ഈ സമ്പൂർണ്ണ ജഗത്തിനും കാരണമായിരിക്കുന്ന സത്ത് ഇവിടെ ദൈവമെന്നോ ഈശ്വരനെന്നോ സർവജ്ഞനെന്നോ ഒന്നും പറഞ്ഞല്ല അത് പിന്നെ നമ്മുടെ കല്പനകളാണ് സർവജ്ഞനല്ലാത്ത ഒരാൾക്ക് സൃഷ്ടിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ആ സത്വ സർവജ്ഞനായിരിക്കും സ്വതന്ത്രനല്ലാത്ത ഒരാൾക്ക് സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾ ചെയ്യാൻ വയ്യ അതുകൊണ്ടത് സ്വതന്ത്രനായിരിക്കും ഈ ജഗത്തിനൊന്നും സ്വതന്ത്രനായിരിക്കും സൃഷ്ടിസ്ഥിതി സംഹാരം എന്ന് പറയുന്ന ഈ പ്രവൃത്തി സർവശക്തനായ ഒരാൾക്കല്ലാതെ ചെയ്യാൻ കഴിയത്തില്ല കാരണം ഈ പ്രപഞ്ചം അനന്തമാണ് അനന്തമായി ഒന്നിന്റെ സൃഷ്ടി സർവശക്തനെ പറ്റും അതുകൊണ്ടാണ് സർവശക്തനാണ് ഇതെല്ലാം സത്തിനെ ചുറ്റിപ്പറ്റിയുള്ള കൽപ്പനകളാണ് ശ്രുതി അതൊന്നും പറയുന്നില്ല ഈശ്വരൻ എന്നൊന്നും ശ്രുതി പറയുന്നില്ല ശ്രുതി പറയുന്നത് സത്ത് ജഗത് കാരണമായിരിക്കുന്ന സത്ത് അല്ലെങ്കിൽ പറയാൻ എന്താണ് ഈ പറയുന്ന വിജ്ഞാന നിവൃത്തി രൂപത്തിലുള്ള സത്ത് ഈ പറയുന്ന വിജ്ഞാനങ്ങൾ കർത്തൃത്വം ഭൂത്തൃത്വം അത് വിജ്ഞാനം ഇല്ലാത്തതായ സത്ത് അതാണ് നീ എന്ന് പറയുന്നത് അസ്വാഭാവികമായിട്ടും ഈ ജ്ഞാനം മറ്റേ ജ്ഞാനത്ത് നിഷേധിക്കുന്നു മലിച്ച വിരലിനെ നിഷേധിച്ചതുപോലെ രണ്ടും കൂടെ എങ്ങനെ നിൽക്കും താൻ സത്താണെന്നറിയുക അതിന് വിരുദ്ധമായ ഒന്നാണെന്നറിയുക താൻ നാശമില്ലാത്തവനെന്നറിയുക താൻ ജനിക്കുന്നവനും മരിക്കുന്നവനെന്ന് അറിയുക ഇത് രണ്ടും കൂടെ പറ്റത്തില്ല ഒന്നേ അറിയാൻ പറ്റും ജനന മരണങ്ങളില്ലാത്തവനാണ് സത് എന്ന് തന്നെ അറിഞ്ഞാൽ പിന്നെ ജനിക്കുന്നവനും മരിക്കുന്നവനും അറിയാൻ കഴിയത്തില്ല അവിജ്ഞാനം പോയേ മതിയാവും ഇത് ഗ്രഹിക്കുമ്പോൾ എന്തുകൊണ്ട് വിരോധസ്മിൻ അദ്വിതീ ആത്മനി അയമഹമസ്മീതി വിജ്ഞാതെ മമ ഇതം അനേന കർത്തവ്യതം കൃത്ഫലം ഭൂക്ഷ്യ ഭേദവിജ്ഞാനി ഏകമേവ അദ്വിതീയം ഇതാണ് ഏകസ്മിൻ അദ്വിതീയാത്മന് നീ ആത്മാവിനെ സംബന്ധിച്ച് വെച്ചാൽ തൻ്റെ സ്വരൂപത്തെ സംബന്ധിച്ച് വായ്മസ്മി ഞാൻ ഇതാണ് എന്ത് ഏകമേവ അദ്വിതീയമാണ് എന്നൊരു അറിവുണ്ടായാൽ തത്വമസി എന്ന അറിവുണ്ടായാൽ ശ്രീ ബോധിപ്പിക്കുന്ന ആ അറിവ് ശ്രോതാവിനുണ്ടായാൽ വിജ്ഞാതെ അതും ഒരു വിജ്ഞാനമാണ് അധികൃതത്വവും വിജ്ഞാനമാണ് അതിന് വിപരീതമായതും വിജ്ഞാനമാണ് ഇവിടെ വിജ്ഞാനം എന്ന് പറഞ്ഞാൽ രണ്ടിനും ഒരേ ശബ്ദം തന്നെ ഉപയോഗിക്കും ഒന്നിട്ട് വിജ്ഞാനം എന്നുള്ളത് വിവിധങ്ങളായ ജ്ഞാനം മറ്റൊടുത്ത വിജ്ഞാനം എന്ന് പറയുമ്പോൾ വിശിഷ്ടമായ ജ്ഞാനം ഏകത്വ ജ്ഞാനം വി എന്ന് പറയുന്ന നിപാതത്തിനും സന്ദർഭമനുസരിച്ച് പല അർത്ഥവും കൽപ്പിക്കുന്നു ഇപ്പോൾ വിജ്ഞാനേ അങ്ങനൊരു വിജ്ഞാനം ഉണ്ടാകുമ്പോൾ ഐമഹമസ്മി ഞാൻ ഈ ജഗത്കാരണമായ സത്താണ് തത്താണ് ആ സത്താണോ എന്നു വിജ്ഞാനം ഉണ്ടാകുമ്പോൾ മമ ഇതം ഇതെല്ലാം എന്റേതാണ് ഈ കർമ്മങ്ങളെല്ലാം എനിക്ക് കർത്തവ്യമായിട്ടുള്ളതാണ് ഞാനത് ചെയ്യണം അനേന കർത്തവ്യം ഇത് ഇനി ഞാൻ ചെയ്യേണ്ടതാണ് ഇതം ഫലം ഭൂക്ഷി ഞാനിത് ചെയ്തിട്ട് ഇതിൻ്റെ ഫലത്തെ അനുഭവിക്കും ഇതെല്ലാം പറയുന്ന വൈദിക കർമ്മങ്ങളെ സംബന്ധിച്ചാണ് കടത്തൃത്വ ഭക്തൃത്വ ചിന്ത വേണ്ടി കുറിച്ചാണ് ഇതിവ ഭേദവിജ്ഞാനം ഇങ്ങനെയുള്ള ഭേദവിജ്ഞാനം എന്ന ഉപബദ്ധ്യത ഇതുണ്ടാകത്തില്ല ഈ വിജ്ഞാനം നിവർത്തിക്കും ഇല്ലാതാകും സജ്ഞാനം കൊണ്ട് ഇപ്പൊ തത്തുമസി കേട്ടിട്ടും ഈ ഭേദം വിജ്ഞാനം നിവർത്തിക്കുന്നില്ലല്ലോ അതുകൊണ്ടാണ് സേതുവീത് പലതവണ ചോദിച്ചത് ആ ഭേദവിജ്ഞാനം നിവർത്തിക്കാത്തതുകൊണ്ടാണ് അതുകൊണ്ടാണ് പിതാവ് പലതവണ ഉപദേശിച്ചത് അതുകൊണ്ടാണ് പറഞ്ഞത് സ്രോതും മന്ദം വിജ്ഞാതം എന്ന് പറഞ്ഞത് ശ്രവണം മനനം തദ്ഫലമായി വരുന്ന നിശ്ചയാത്മക ജ്ഞാനം തദ്ഫലമായി വരുന്നതാണ് ശ്രവണ മനനങ്ങളിലൂടെ വരുന്നതാണ് ആ ശ്രവണ മനനങ്ങളുടെ പൂർണ്ണതയിൽ ആ വിജ്ഞാനം പൂർണ്ണമാവും അതുവരെ അതുണ്ടായില്ലെന്നു പറഞ്ഞ വിജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ വിജ്ഞേയം വിജ്ഞാതം ഉണ്ടായിക്കഴിഞ്ഞാൽ ഭേദവിജ്ഞാനം ദേവൻ പിന്നെ ഭേദവിജ്ഞാനം കടത്താവാണും ഭൂക്താവാണെന്നുള്ള ജ്ഞാനമില്ല ആ ജ്ഞാനത്തെ പിന്തുടർന്നുള്ള പ്രവൃത്തികൾ അതുകൊണ്ടാണ് ഭക്ഷ്യകാരം പറയുന്നത് വൈദിക കർമ്മങ്ങളെ ത്യജിക്കണം ദ്വിദ്യ കർമ്മങ്ങൾ കർത്തൃത്വം ഭോക്തൃത്വം അഭിമാനമുള്ളവനെ ചെയ്യാൻ പറ്റൂ അഭിമാനം നഷ്ടപ്പെട്ടാൽ പിന്നെ ആ കർമ്മം ചെയ്യാൻ സാധ്യമല്ല കർമ്മം ഒഴിഞ്ഞു എന്ന് പറയും ലൗകിക കർമ്മങ്ങളുമായിട്ട് ബന്ധമൊന്നുമില്ല തസ്മാഅദ്വിതീ ആത്മവിജ്ഞാനെ വികാര അനർഥ ജീവാത്മവിജ്ഞാനം നിവർത്തത ഇതിയുക്തം അതുകൊണ്ട് ആ ജ്ഞാന ഫലത്തെവിടെ ഉപസംഹരിക്കുകയാണ് തസ്മാ അതുകൊണ്ട് സത് സത്യ അദ്വിതീയാത്മവിജ്ഞാനി എല്ലായിടത്തും ഭക്ഷിതാരൻ സത്തെന്നുള്ള ശബ്ദം ഉപയോഗിക്കുന്നു തുടക്കം മുതൽ ഇതുവരെ സദേവസ്വാമി തുടങ്ങി ഇതുവരെ അത് ഞാൻ മുമ്പ് പറഞ്ഞത് നിങ്ങൾ തത്ത്വമുസിയുടെ വ്യാഖ്യാനങ്ങളെടുത്ത് നോക്കുക സാറിന് ഒരു വ്യാഖ്യാനത്തിലും ഈ സത്തെന്ന് പറയാൻ ശബ്ദം പ്രയോഗിച്ചിരിക്കില്ല പ്രസിദ്ധങ്ങളായ പ്രകടനഗ്രന്ഥങ്ങൾ വ്യാഖ്യാനങ്ങളെടുത്ത് നോക്കൂ സത്തെന്ന് പറയുന്നത് വിട്ടുപോയി അതിന് പോരാ എല്ലായിടത്തും അവർ പറയും ഈശ്വരൻ എന്താണ് ഭാഷകാരൻ അങ്ങനെ ഒരു ശബ്ദമേ ഇവിടെ ഉച്ചരിച്ചിട്ടേ പ്രയോഗിച്ചിട്ടേ അതിനാൽ ഏറ്റവും യോജിച്ച വാക്ക് സത്താണ് ഈശ്വരനല്ല ഈശ്വരൻ എന്നുള്ള ശബ്ദം ഉപയോഗിച്ചതിന് വ്യാഖ്യാനിക്കാം അത് തെറ്റെന്നല്ല പറയുന്നു പക്ഷെ ഏറ്റവും ഏറ്റവും മനസ്സിലാക്കാൻ സരളമായ സത്ത് എന്നുള്ള ശബ്ദത്തിലൂടെയുള്ള വ്യാഖ്യാനമാണ് ചാന്തത്തിൽ നിന്ന് തത്തുമസിയെ അടർത്തി മാറ്റിയപ്പം സത്തും പോയി സത്ത് പോയി സത്ത് പോയാൽ പിന്നെ വെറും കൊത്തു മാത്രമായി സത്തുമസി സത്തില്ലാതെ തത്തുമസിയില്ല എന്തുകൊണ്ട് സത്തില്ലാതെ തുടങ്ങിയത് ആ കേവലം സത്തിനെ പരാമർശിക്കാൻ വേണ്ടി മാത്രമാണ് ശ്രുതി സത് എന്ന് പറയുന്ന ശബ്ദത്തെ ഉപയോഗിച്ച് വേറെ ഒന്നിനും പരാമർശിക്കാനുണ്ട് അതുകൊണ്ട് ഇവിടെ വീണ്ടും പറയുന്നു തസ്മാവിജ്ഞാനേ സത്യമായ അദ്വിതീയമായ ആത്മവിജ്ഞാനത്തിൽ വികാര അനൃത്ഥ ജീവാത്മവിജ്ഞാനം നിവർത്തതേ ഇത്രേം സംഭവിക്കുന്നു ജഗത് മിഥ്യാവുന്നു പറഞ്ഞാൽ ഇത്രയുള്ളൂ എന്റെ താല്പര്യം എന്താണ് ആത്മവിജ്ഞാനം ഉണ്ട് ആത്മവിജ്ഞാനം ഉണ്ടാവും എന്നുള്ള പറയുന്നു സത് ആത്മവിജ്ഞാനത്തിൻ്റെ രൂപം എങ്ങനെയുണ്ട് സത് സത്യ അദ്വിതീയ ആത്മവിജ്ഞാന സത്തായ അതായത് സത്യമായ അദ്വിതീയമായ ആത്മാവാണ് താൻ അല്ലെങ്കിൽ സത്ത് അദ്വിതീയമാണ് തന്റെ സ്വരൂപം എന്നുള്ള ജ്ഞാനം ആ ജ്ഞാനം കൊണ്ട് വികാര അനർഥ ജീവാത്മവിജ്ഞാനം ത്വം എന്ന് ഉദ്ദാലകൻ അഭിസംബോധന ചെയ്ത ആ ത്വംബോധം സേതു വിരുദുവിനുണ്ടായ അത്വം ബോധം അതായത് ജീവാത്മവിജ്ഞാനം എന്ന് പറയുന്ന ത്വംബോധമാണ് ഞാനെന്നുള്ള ബോധം ത്വമെന്ന് നമ്മൾ സ്വയം അറിയാറില്ല മറ്റുള്ളവരെ നമ്മളെ ത്വമെന്ന് വിളിക്കുമ്പോൾ ഞാൻ അഹമെന്നറിയുന്നു അഹംബോധം അഹംബോധം എന്ന് പറയുന്നത് കേവലം ഞാനെന്ന് പറയുന്ന ബോധമാണ് രണ്ടും രണ്ടാണ് കാരണം കേവലം ഞാനെന്ന് പറയുന്ന ഈ ബോധത്തിൽ നമുക്ക് കർത്തൃത്വഭോക്തൃത്വ ചിന്തയൊന്നും അവിടെയില്ല കേവലം ഒന്നും അറിയാതെ നമ്മൾ ഞാനും ഞാൻ എന്താ ഞാൻ ചിന്തിക്കാറില്ല ചിന്തിക്കുന്നവണ് ഇവിടെ കർത്തൃത്വ ഭോക്തൃത്വ ആദി വിജ്ഞാനം വരുന്നത് വേദത്തെക്കുറിച്ച് ചിന്തിക്കുന്നവണ് അല്ലാത്തവൻ്റെ അടുത്ത് നീ കർത്തൃത്വം ഭക്തൃത്വവും പറയുന്ന ശുദ്ധ അസംബന്ധമാണ് അവനങ്ങനെ ഒരു ബോധമേ ഇല്ല പോത്തിനോട് കർത്താവ് നീ കർത്താവാണ് ഭോക്താവാണെന്ന് പറഞ്ഞിട്ട് കാര്യം വല്ലതും അത് ചിന്തിച്ചിട്ടല്ല അത് ഈ സാറിന ജീവന്മാരെല്ലാം വെറും പോത്തുകളാണ് അവരത് ചിന്തിക്കാറില്ല എന്താണ് കർത്താവാണ് ഭോക്താവാണ് അത് അങ്ങനെ പറയേണ്ട കാര്യമില്ല പക്ഷെ അത് ചിന്തിക്കും ആ ഒരു സേതഗേതുവിനെ ചിന്തിക്കും കാരണം വേദം പഠിച്ചതു ചിന്തിക്കും അങ്ങനെയുള്ള ആ വിജ്ഞാനം വികാര അനുധ ജീവാത്മവിജ്ഞാനം അതാണ് നീ എന്ന് പറഞ്ഞപ്പോൾ സീതകൾ ധരിച്ച ഞാൻ ആ വൈദിക വിജ്ഞാനം അത് നിവർത്തതേ അതില്ലാതാകുന്നു ഈ വിജ്ഞാനം ഇല്ലാതാകുന്നതിനാണ് പറയുന്നത് എന്ത് ജഗത് മിഥ്യ ഈ വിജ്ഞാനം മിഥ്യയായിരുന്നു ുന്നു ഇത്രയും കൊണ്ട് തത്വമുസി എന്ന് പറയുന്ന ആ ബാക്കി ജ്ഞാനം ആ ജ്ഞാനത്തിന്റെ ഫലത്തെ കുറിച്ച് പറഞ്ഞു എങ്ങനെയാണ് ആ ജ്ഞാനം ഗുരുവിനെ മുക്തനാക്കുന്ന പറഞ്ഞു ആ ജ്ഞാനും എങ്ങനെയാണ് ഇല്ലാ എന്തിനെ ഇല്ലാതാക്കുന്നതെന്ന് പറഞ്ഞു എങ്ങനെ ഇല്ലാതാക്കുന്ന പറഞ്ഞു എന്താണ് മിഥ്യ ഇല്ലാത്തതിനാണല്ലോ മിഥ്യ എന്ന് പറയുന്നത് അതിവിടെ വിശദീകരിച്ചു ഇനി അടുത്ത് പറയാൻ പോകുന്നു അടുത്ത് വരുന്ന ഭാഗങ്ങളുടെ ഭാഷക്കാരും പറയാൻ പോകുന്നു തത്വമസി എന്തല്ലെന്നുള്ളതിനെ കുറിച്ചാണ് ആദ്യം തത്വമസി എന്താണെന്ന് പറഞ്ഞു ഇനി തത്വമസി എന്തല്ലെന്ന് പറയുന്നു എന്താണെന്ന് പറഞ്ഞതിനു ശേഷം പിന്നെ എന്തല്ല എന്ന് എന്തിനാണ് പറയുന്നത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തത്വമസി ഇന്നതാണെന്ന് നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞത് തന്നെ നമ്മൾ ധരിക്കണമെന്ന് ഉറപ്പൊന്നുമില്ല നമ്മുടെ ബുദ്ധിക്ക് അനുസരിച്ച് നമ്മൾ ഗ്രഹിച്ചു പറഞ്ഞാലുടെ ബുദ്ധിക്ക് അനുസരിച്ച് നമുക്ക് ഗ്രഹിക്കാൻ പറ്റത്തില്ലല്ലോ ഉപദേശിച്ച ആചാര്യന്റെ ബുദ്ധി നമുക്കല്ലല്ലോ നമ്മൾ നമ്മുടെ ബുദ്ധിക്കനുസരിച്ച് ഗ്രഹിച്ചു ആ ഗ്രഹിച്ചു ശരിയാണോ എന്ന് പരിശോധിക്കുന്നു അതിനു വേണ്ടിയിട്ട് വീണ്ടും ഒരു ചിന്ത എന്നുവെച്ചാൽ തത്വമസിയെ ബ്രഹ്മാത്മകമായും ഗ്രഹിക്കാം അജ്ഞാനത്തോടു കൂടി ഗ്രഹിക്കാം സംശയത്തോടുകൂടി ഗ്രഹിക്കാം അപ്പോൾ അതാണ് അതിൽ നിന്ന് ഗ്രഹിച്ചിരിക്കുന്നെങ്കിൽ അതിനെ നിഷേധിക്കുന്നു ഇവിടെ ആചാര്യ ഭാഗത്തു നിന്ന് പരമാവധി പരിശ്രമിക്കുകയാണ് എങ്ങനെയും സേതു കേതുവിന് ഈ ആത്മബോധം ഉണ്ടാക്കിയേ അടങ്ങും എന്നാണ് ആ വാശിയോടുകൂടി ശിഷ്യനും പരിശ്രമിച്ചാല് അത് മനസ്സിലാകും ആ പരിശ്രമത്തെ സൂചിപ്പിക്കുകയാണ് ഇവിടെ നവകാരം ചോദിക്കുന്നത് വിജ്ഞാപ ആചാര്യന്റെ പരിശ്രമത്തിന് ശിഷ്യനും തയ്യാറായി അതിനനുസരിച്ച് ആചാര്യൻ വീണ്ടും വിശദീകരിക്കുന്നു അവിടെ തത്വമസ്യയെ സംബന്ധിച്ചുള്ള പല മിഥ്യാധാരണകളും കടന്നു വന്നു അതിനെക്കന്ന് ക്ഷരിച്ചു ഗുരു ഉപദേശിച്ചു ശിഷ്യൻ ഗ്രഹിച്ചു എന്താ ഗ്രഹിച്ചിരിക്കുന്നതെന്ന് ശിഷ്യനെന്നെ പിടിയില്ലെങ്കിലോ വിജ്ഞാനഫലം അത് കാണുന്നില്ലല്ലോ ശ്രോതാവൻ വിജ്ഞാനഫലം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന അജ്ഞാനം നിവൃത്തി അതുകൊണ്ട് വരുന്ന കൃത്യ ഇതൊന്നും ഈ ഫലങ്ങളൊന്നും കാണുന്നില്ല അപ്പോൾ ധാരണയിൽ എന്തോ വിശവുണ്ട് അതല്ല അതാണ് അടുത്തത് അതിനു വേണ്ടിയിട്ടാണ് അടുത്ത ചർച്ചകൾ ഇതിന്റെ ആവശ്യമുണ്ടോ ഇത്രയും പറഞ്ഞതിന് ശേഷം വീണ്ടും ഈ ചർച്ച എന്തിന് നീട്ടണം എന്നൊക്കെ ചോദി അതാണ് മനനം എന്ന് പറയുന്നു മനനം नन्द नन्द जोगिन नन्दो ततो मसीतत्र तं शब्द वाच्य अर्थे सद्बुद्धि आदि सिद्धेदा यदा यदा आदि के मन आदेश ब्रह्मा बुद्धि यदा सदोगे प्रदिमा विष्णु आदि बुद्धि तद्वाद नतु सदेव तुमिदि यदि सदेव सेद के दुस्या कथं आत्मा नन्द अविजानिया येन तस्मि तत्तु मसीतवदिश्यते പറയുന്ന എന്താണ് സത് തൊമസി എന്നാ പറയുന്നത് തത്തുമസിയിലെ തത്തിനെ വിട്ടുകളല്ലേ അതിന്റെ ആവശ്യമില്ല സത് തത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ആശയ കുഴപ്പം വരും അതുകൊണ്ട് തത്തുമസിന് തത്തിന്റെ ആവശ്യം നമുക്കില്ല സത് തൊമസിന്ന് മനസ്സിലാക്കിയാൽ മതി അതാണ് കൃഷി ബോധിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് സത് തൊമസി സദാത്മേകത്വം എന്നൊന്നും പറയേണ്ട ആവശ്യം വരുത്തി ഒന്നുകൂടെ അതിനെ വ്യക്തമാക്കാൻ വേണ്ടിയാണെങ്കിൽ മാറ്റി പറയാം ഞങ്ങൾ അതാണ് ഭാഷകാരന്റെ വ്യാഖ്യാനത്തിന്റെ താല്പര്യം അതാണ് നീ സദസി അതിൽ നിന്ന് അതിന്റെ പരമമായ താല്പര്യം മനസ്സിലാക്കേണ്ടത് എന്താണ് ചെയ്തെങ്കിൽ മനസ്സില് മനസ്സിലാക്കേണ്ടത് ഞാൻ സത്താണ് എന്തുകൊണ്ടതാണ് പരമാർത്ഥം ഇവിടെ ചോദിക്കുന്നത് അതാണ് പരമാർത്ഥമെങ്കിൽ എന്തിനുപദേശിക്കണം അതാണ് സത്യമെങ്കിൽ ഞാൻ ചോദ്യം ഉപദേശിക്കേണ്ട ആവശ്യം എന്തുകൊണ്ടോന്നു എനിക്കറിയാം ഞാൻ പുരുഷനാണ് എന്നാവരും ഉപദേശിക്കേണ്ട ആവശ്യം എനിക്കറിയാം ഞാൻ മനുഷ്യനാണ് എന്നാവരും ഉപദേശിക്കേണ്ട കാര്യമുണ്ട് താൻ ഇന്നതാണ് എങ്കിൽ അതാണ് തന്റെ വാസ്തവമെങ്കിൽ പിന്നെ തന്നെ എന്തിനുപദേശിക്കുക ഉപദേശത്തിന്റെ താൽപര്യതാണെങ്കിൽ എന്നാണ് ഉപദേശത്തിന്റെ താൽപര്യമെങ്കിൽ കഥമാത്മാനന് വിജാരിയ എന്തുകൊണ്ട് താൻ അതറിയാതിരിക്കുന്നു തസ്മൈ ഏന തസ്മി തത്തുമസി ഉപദേശിച്ചത് പറയൂ അത് അവൻ അറിഞ്ഞില്ല അറിയാത്ത കൊണ്ട് ഉപദേശിക്കുകയാണ് അങ്ങനെ അറിയാതിരിക്കും താനാണെങ്കിൽ പറയാൻ പറ്റും ഞാൻ പുരുഷനാണ് പക്ഷെ എനിക്കറിയില്ല അതങ്ങനെ പറയാൻ പറ്റും അതറിഞ്ഞേ തീരും എന്തുകൊണ്ടാണ് അതൊരു സത്യമാണ് അനുഭവസത്യം അതുപോലെ സത്യം പറയുന്നതിന് പറയുന്നത് പരമമായ സത്യം ഒന്നാണ് To the of so ം സദ സീമി സത്യമാണെന്ന് ഉപദേശിക്കുകയും അതാണെങ്കിൽ പിന്നെ എന്തിനു ഉപദേശിക്കണം അതുകൊണ്ട് ഉപദേശിച്ചെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യവും ഇവിടെ ഉപദേശത്തിന് പ്രത്യേക താല്പര്യമുണ്ട് അത് ഏതുപോലെ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പ്രഥമാദേഷു വിഷ്ണുവാധിബുദ്ധി അതുപോലെയാണത് ഈ പറയുന്നതിന്റെ അങ്ങനെ ധരിക്കും ഒരാൾ ോഹം കൊണ്ട് ഒരു മനോഹരമായ പ്രതിമയുണ്ടാക്കി മനോഹരമായ ഒരു രൂപം കാണാൻ നനക്ക് എന്തുകൊണ്ട രൂപം എന്നിട്ട് പറയുന്നത് വിഷ്ണുവാണ് ഗുരുവായൂരപ്പനാണെന്ന് പറയുന്നു ആരായി വിഷ്ണു ഗുരുവായൂരപ്പൻ സർവീ സർവശക്തൻ ആയ ഈശ്വരൻ അതിനൊരർത്ഥമുണ്ടല്ലോ വിഷ്ണു എന്ന് പറയുന്നത് ഈശ്വരൻ എന്ന് പറയുന്നു ആരാ ഈ പ്രതിമ പറയുന്നു പ്രതിമയില് ആ ബുദ്ധി എന്നു വെച്ചാൽ ആ സങ്കല്പം വാസ്തവത്തിനതൊരു രൂപമാണ് വിഷ്ണു എന്ന് പറഞ്ഞു ആ പ്രതിമയാണ് അതിനെ തല്ലി ഉടയ്ക്കാൻ പറ്റിയൊരു സാധനമാണ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ സാധനമാണ് എന്നിട്ടും അതിന് അനാദി അനന്ത നിത്യസനാതനമായ തത്വമായിട്ട് പറയുന്നു വിഷ്ണുവായിട്ട് പറയുന്നു ഇതങ്ങനെ ശരിയാതൊരു കല്പനയാണ് ഒരു ഭാവനയാണ് അത് അങ്ങനെ പറയുന്നതിന് ചില പ്രയോജനങ്ങളുണ്ട് എന്താണ് വിഷ്ണു എന്ന് പറയുന്ന ആ തത്വത്തെ നമ്മൾ പറയാന് സമാധാനം അത് നമ്മുടെ മനസ്സിന് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല അത് അനന്തമാണ് അനാദിയാണ് അപ്പോൾ അതിനെ ഉപാസിക്കുന്നതിന് അതിന് നമ്മൾ പറയുന്ന സമാധാനം ഉപാസിക്കുന്നതിന് വേണ്ടി ഒരു ചെറിയൊരു ഒരു മനോഹരമായ രൂപത്തെ ഉണ്ടാക്കി എന്നിട്ട് ആ തത്വത്തെ അതിനോട് ഉപാസിക്കുന്നു എന്നെല്ലാം താത്വികമായ അടക്കം പറഞ്ഞു സാധാരണ അതല്ലേ ശബരിമല പോകുന്നവരാലും തത്വമസിയുടെ അർത്ഥം പഠിക്കാനല്ല പോകുന്നു അവിടെ ഇരുന്നുകൊണ്ട് അയ്യപ്പൻ തത്വമസി വ്യാഖ്യാനിക്കാൻ തുടങ്ങിയ ഒറ്റ എണ്ണം കാണത്തില്ല അവിടെ ചെല്ലത്തില്ല പിന്നെ ആരെങ്കിലും ശബരിമല ചെന്നു ചെല്ലത്തില്ല പക്ഷേ അതിലൊരു തത്വമുണ്ട് പ്രതിമയിൽ വിഷ്ണുപൂർത്തി ആ തത്വത്തെ ഉപാസിക്കുന്ന ഒരു ഉപായൊന്നുള്ളതാണ് എനിക്ക് അങ്ങനെ വച്ചിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ ഗുരുവായൂരപ്പനെ ഉപാസിക്കുന്നവരൊന്നും തത്വത്തെ ഉപാസിക്കാൻ വേണ്ടിയിട്ടില്ല ദുഃഖം നിവൃത്തിക്ക് വേണ്ടി സാമാന്യ മനുഷ്യർ അവരുടെ ആർത്ഥന്മാരാണ് അവിടെ കൂടുന്നത് അവിടെ പോകുന്നതിന് സൗകര്യമുണ്ട് കാരണം ഗുരുവായൂരപ്പനോ അല്ലെങ്കിൽ അയ്യപ്പനോ ഒന്നും തത്വമൊന്നും ഉപദേശിക്കത്തില്ല അതുകൊണ്ട് അങ്ങനെ ഒരു ഭദ്രവും ഉണ്ടാകത്തില്ല അതുകൊണ്ട് എല്ലാവരും അവിടെ ചു പോയി തൊഴുത് സങ്കടം പറഞ്ഞ് സൗകര്യം പോലെ തിരിച്ചു പോദേശിക്കാൻ തുടങ്ങിയ പിന്നെ അണക്കെട്ടത്തിൽ തത്വത്തിനനുസരിച്ചല്ല ഈ വിശ്വാസങ്ങളും ആരാധനകളും അതിനെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത് ആ വിശ്വാസം ആരാധന ശരിയാണോ തെറ്റാണോ വിഗ്രഹത്തെ ഉപാസിക്കാമോ അല്ലെ അതല്ല ലോകത്തിലെന്ത് നടക്കുന്നു ആ കാര്യങ്ങളും ലോകത്തിൽ നടക്കുന്നതിന് തത്വമായിട്ടുന്ന ഒരു ബന്ധമുണ്ട് ജനങ്ങളുടെ വിശ്വാസം വിശ്വാസം കൊണ്ട് അവർ പോകുന്നു പ്രാർത്ഥിക്കുന്നു വിശ്വാസത്തിനനുസരിച്ച് ഫലമുണ്ടാകുന്നു അപ്പം വീണ്ടും ആൾക്കാർ പോകുന്നു അതൊക്കെ വിശ്വ തത്വചിന്തയുടെ തരത്തിലുള്ള കാര്യമല്ല വിശ്വാസത്തിൻ്റെ തരത്തിലുള്ള കാര്യമില്ല ശരിയോ തെറ്റോന്നുള്ളതല്ല ഇവിടുത്തെ ചർച്ച ഇവിടെ തത്വചിന്തയുടെ സ്ഥലത്തിൽ പറയുകയാണ് പ്രതിമയിൽ വിഷ്ണുബുദ്ധി എന്ന് പറയുന്നത് പ്രതിമവാസ്തവത്തിൽ വിഷ്ണു അല്ലെങ്കിലും ആ വിഷ്ണു ബുദ്ധി അവിടെ വയ്ക്കുന്നത് ഉപാസനയ്ക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ അവിടെ ഒരുപാസകൻ ആർത്ഥനല്ല ജിജ്ഞാസ ആ ബുദ്ധിയിൽ ഉപാസിച്ചു അതിൻ്റെതായ ഫലമുണ്ടാവും അർത്ഥം അവൻ്റെ ബുദ്ധിയിൽ വിശ്വസിച്ചാൽ അവൻ അതിൻ്റെതായ ഫലമുണ്ടാവും എല്ലാം വേറെ വേറെ കാര്യങ്ങൾ ആ ബുദ്ധി പോലെ പ്രതിമയിൽ വിഷ്ണു ബുദ്ധി പോലെ ഇവിടെയും ഒരു ഉപാസനയെ നിർദ്ദേശിക്കുകയാണ് അങ്ങനെ ധരിച്ചുകൂടെ എങ്ങനെ തും എന്ന് വെച്ചാൽ അഹം ഞാൻ ആ സത്താണ് എന്നിങ്ങനെ ഭാവന എന്നുവെച്ചാൽ ഞാൻ എന്നെ ജീവൻ തന്നെയാണ് പക്ഷെ എന്നിൽ സത്വബുദ്ധിയെ കല്പിക്കുന്നു ആ സത്തെന്ന് ശ്രേഷ്ഠമാണ് പ്രതിമ പ്രതിമ തന്നെയാണ് അതിനെ മാറ്റുന്ന ഒന്നുമില്ല അത് വിഷ്ണു ആണെന്നൊന്നും പക്ഷേ അതിൻ്റെ ആ വിഷ്ണുബുദ്ധിയെ എന്നിട്ട് ഭാവന ചെയ്യുന്ന വിഷ്ണുവിന് പ്രതിമയല്ല അതുപോലെ ഞാൻ ഇത് തന്നെയാണ് പക്ഷെ എന്നിൽ സത്വബുദ്ധിയെ ഞാൻ ആരോപിക്കുന്നു എന്നിട്ട് സത്തിനെ ഭാവന ചെയ്യുന്നു ഞാൻ വാസ്തവത്തി അതല്ല ഇങ്ങനൊരു അഭ്യാസമാണ് ആയിക്കൂടെ ഇവിടെ നിർദ്ദേശിക്കുന്നത് അപ്പൊ അങ്ങനെ ഉപാസ്യം എന്താ ഇവിടെ ഞാൻ എന്റെ മുമ്പിൽ വിഷ്ണുവിൻ്റെ വെച്ചിട്ട് അതിനെ പരമാത്മാവായി്യാനിക്കുമ്പോൾ ഈ ഞാൻ ഈ അജ്ഞനായിരിക്കുന്ന ഞാൻ തന്നെ ആ പരമാത്മാവിനെ ഏകീഭവിക്കുന്നു അല്ലെങ്കിൽ വിനയിക്കുന്നു അല്ലെങ്കിൽ മോക്ഷത്തെ പ്രാപിക്കുന്നു എന്നൊക്കെ പറയാം അതുപോലെ ഇവിടെയും സംഭവിക്കും ഞാൻ ഈ അജ്ഞൻ തന്നെ അല്പൻ തന്നെ ജീവൻ തന്നെ ഞാൻ എന്നിൽ ആ സത്തിനെ ആരോപിച്ചിട്ട് ആ സത്തിനെ ധ്യാനിക്കുന്നു ധ്യാനിച്ചു കഴിഞ്ഞാൽ പിന്നീട് മരണശേഷം ഞാൻ ആ സത്തിൽ ഏകീഭവിക്കും എന്നാ നേരത്തെ പറഞ്ഞ ഇതുമായിട്ടുള്ള വ്യത്യാസം ഇവിടെ തന്നിലുള്ള കർത്തൃത്വ ഭോക്തൃത്വം അധികൃതത്വം വിജ്ഞാനം നിവൃത്തി സംഭവിക്കുന്നില്ല അതിനെല്ലാം അംഗീകരിച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നു ഞാൻ സത്താണെന്ന്ഗ്രഹിക്കുന്നത് പ്രതിമ പൂജിക്കുന്നവന ഉപാസനകൾ പലതരത്തിലുണ്ട് സമ്പദ്പാസന അസമ്പദ് ഇങ്ങനെയൊക്കെ പലതരത്തിലും ഇവിടെ ഇപ്പോൾ വെച്ചുകൊണ്ട് അതിൽ വിഷ്ണു തത്വത്തെ ആരോപിക്കുകയും ആരോപിച്ചിട്ട് ഉപാസിക്കുന്ന ശിവലിംഗത്തെ വെച്ചുകൊണ്ട് ശിവനായിട്ട് സാളഗ്രാമത്തെ വെച്ചുകൊണ്ട് വിഷ്ണു ആയിട്ട് അതുപോലെ അതാണ് ഇവിടെ പറയുന്നത് പ്രണവത്തെ ഓം പ്രതീകത്തെ വെച്ചുകൊണ്ട് ബ്രഹ്മമായിട്ട് ഉപാസിക്കുന്നു ശബ്ദത്തെ ബ്രഹ്മമായിട്ട് ഉപാസിക്കുന്നു ഈ തരത്തിലുള്ള ഉപാസനകൾ അതുപോലെ തന്നെ സത്തായി ഉപാസിക്കുന്നു അങ്ങനെ ആയിക്കൂടെ എന്നാണ് ചോദ്യത്തിന് താല്പര്യം അത് അങ്ങനെയല്ല നടത്തും നിഷേധിക്കുന്നു